ഗ്രസിക്ക ദിവാകരേന്ദു സദൃശ ദിവാകരൻ വെച്ചാൽ സൂര്യൻ ചന്ദ്രൻ രാഹു ഗ്രസിച്ച് ദിവാകരനെയും ഇന്ദുവിനെയും പോലെ ദിവാകരൻ സൂര്യൻ നമ്മളുടെ ബുദ്ധിയുടെ റെപ്രസെന്റേറ്റീവാണ് ചന്ദ്രൻ മനസ്സിന്റെ റെപ്രസെന്റേറ്റീവാണ് അതാണ് സൂര്യനെ ആശ്രയിച്ച് ബുദ്ധി ആരോഗ്യമൊക്കെ തെളിയും ചന്ദ്രനെ ആശ്രയിച്ച് ഭ്രാന്തൊക്കെ കൂടെയും കുറയുക ചെയ്യും വാവ് എടുക്കുമ്പോ അമ്മാവാസ എടുക്കുമ്പോ ചിലർക്കൊക്കെ നല്ല സുഖമായിരിക്കും സാധാരണ ആളുകളിലേ കാണാം ഈ ഡിഫറൻസ് അത് ലൂണാർ എന്ന് വെച്ചാൽ ലൂണാർ എക്ലിപ്സ് എന്നൊക്കെ നമ്മൾ പറയുന്നു ലൂണാർ എന്നുള്ള വാക്കുന്നതാണ് ലുനസി ലുണാറ്റിക് എന്നുള്ള വാക്കൊക്കെ വന്നത് ഇപ്പൊ ഭ്രാന്ത് പൈത്യം ചന്ദ്രനിലേന്ത്താ മനസ്സ് വന്നിരിക്കുന്നതിന് വേദം ചൊല്ലരുത് പരമപുരുഷന്റെ മനസ്സിൽ നിന്നാണ് ചന്ദ്രനുണ്ടായത് എന്ന് പുരുഷസൂക്തം ചന്ദ്രമാനസോ ജാഥ ആ ചന്ദ്രനും മനസ്സും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു സൂര്യനും ബുദ്ധിയും അത് വരെ ഇവിടെ സൂര്യചന്ദ്രന്മാരെ രാഹു ഗ്രസിക്കുന്ന പോലെ ഗ്രഹണത്തിൽ മറയ്ക്കപ്പെടുന്ന പോലെ നമ്മളിൽ ഒരു മറവ് ഉണ്ടാവുന്നു ഒരു ആവരണം ഒരു തിരശീല ച്ഛാദനാത് ആച്ഛാദനം എന്ന് വെച്ചാൽ മറയ്ക്കാം ബ്ലാങ്കട്ട് മായയുടെ ഒരു ആച്ഛാദനം ആവരണം എവിടെ സുഷുപ്തി അവസ്ഥയിൽ നമ്മൾ ദിവസം അനുഭവിക്കുന്നുണ്ട് സുഖമുണ്ട് പക്ഷെ എന്താണെന്നറിയില്ല അവബോധല്ല സന്മാത്ര കരണോപസംഹരണത്തോ യോഭൂത് സുഷുപ്ത പുമാൻ സുഖമായി ഉറങ്ങുമ്പോ സന്മാത്ര അഹമസ്മി ഒരു എക്സിസ്റ്റൻസ് അസ്തിത്വമുണ്ട് നമ്മൾ എഴുന്നേറ്റ ശേഷം സുഖമായി ഉറങ്ങി എന്നുള്ള അനുഭവത്തിനെ ദിവസവും ബോധത്തിലേക്ക് അല്പ അല്പ അല്പ കൊണ്ടുവന്ന് നോക്കണം സാധിക്കും അതൊരു സാധന ഉറങ്ങി എണീറ്റിട്ട് ദിവസം ഒരു അഞ്ചു മിനിറ്റ് നേരം എങ്കിലും ഇരിക്കുക കുറച്ചുനേരം മുമ്പ് ഞാൻ എവിടെ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു പ്രകൃതി സംസ്ഫുരത് ആത്മതത്വം സച്ചിത്സുഖം പരമഹംസഗതി സ്വപ്ന ജാഗര സുഷുപ്തി അവതി നിത്യം തദ്കളമഹം ഈ ശ്ലോകം ഓർമ്മ വെച്ചോളാം പക്ഷെ ശ്ലോകം മാത്രം പോരാട്ടം ഈ കാണാതെ പഠിച്ചേ നമ്മൾ കേടുവെന്ന് പോയി ഈ കാര്യം ഓർമ്മ വെച്ചാൽ മതി ശ്ലോകം ഓർമ്മ വച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല സുഷുപ്തി സുഖമായി ഉറങ്ങി രാവിലെ എണീറ്റു കുറച്ചു നേരം മുമ്പ് ഞാൻ എവിടെ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ ശരീരമില്ല ഞാനെന്നുള്ള വ്യക്തിബോധമല്ല സുഖമായിരുന്നു ഒന്നും അറിഞ്ഞില്ല അവിടെ ബുദ്ധി വർക്ക് ചെയ്തില്ല മനസ്സും പ്രവർത്തിച്ചില്ല അതാണ് ഒരു ആഹുഗ്രസ്ത ദിവാകര സദൃശ അവിടെ എന്താ അസന്മാത്ര ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എക്സിസ്റ്റൻസ് അസ്തിത്വമുണ്ട് ോ അന്ധകരണോ ഉപസംഹാരമായി ഉപസംഹരണ ഉപസംഹാരം എന്ന് വെച്ചാൽ ഡിവൊലൂഷൻ പുറത്തേക്ക് വരുന്നത് പോലെ ഡിവൊലൂഷൻ പോയി അടങ്ങി കരണോപസംഹരണത യഹ അഭൂത്ത് സുഷുപ്ത പുമാൻ സുഖമായി സുഷുപ്ത അബൂത് സുഖമായി ഉറങ്ങുന്നവനായി കാണപ്പെടുന്നു എന്നിട്ട് എഴുന്നേറ്റ് കഴിയുമ്പോൾ എന്തു പറയുന്നു പ്രാഗ് അസ്വാപ്സം ഞാൻ ഉറങ്ങി എന്ന് പറയുന്നു ഇതിനു മുമ്പ് ഞാൻ സുഖമായി ഉറങ്ങി എന്ന് എപ്പറിയണം പ്രത്യഭിജ്ഞായത്തെ ഉറങ്ങിയ ഞാൻ തന്നെയാണ് ഇപ്പോൾ ഉണർന്നിരിക്കുന്നത് നിങ്ങളുടെ പ്രത്യഭിജ്ഞ എന്ന് വെച്ചാൽ ഇൻസ്റ്റന്റേനിയസ് റെക്കഗ്നീഷൻ ആ ക്ഷണത്തിൽ തന്നെ അറിയപ്പെട്ടു അതിനാണ് പ്രത്യപിജ്ഞറിയാം ഇയാൾ തന്നെ അയാൾ എന്നറിയണതാണ് പ്രത്യഭിജ്ഞ ഒരു ക്ഷണനേരം പോലും വേണ്ട കഴുത്ത് കിടക്കുന്ന മാല അറിയപ്പെടുന്ന പോലെ അത് ബുദ്ധിയുടെയോ മനസ്സിന്റെയോ ഇന്റർവെൻഷൻ ഇല്ലാത്ത അറിവിന് പേരാണ് പ്രത്യപജ്ഞ ഉറങ്ങി എഴുന്നേറ്റോണ് അറിഞ്ഞു ആ ഞാൻ ഉണ്ട് അവിടെ ഉണ്ട് യും പ്രത്യജ്ഞാദർശനം എന്ന് പറഞ്ഞ് തന്നെ ഒരു ദർശനമുണ്ട് കാശ്മീരി ശൈവീശ്യത്തിൽ അത് അവരുടെ വളരെ മുഖ്യമാണ് ആ സമ്പ്രദായത്തിനെ ഏകദേശമൊക്കെ ആശ്രയിച്ചാണ് ജ്ഞാനേശ്വരൻ അമൃതാനുഭവം എഴുതിയിട്ടുള്ളത് ഈ പ്രത്യഭിജ്ഞാദർശനം മഹാരാഷ്ട്ര സന്ധുക്കളും മരാത്തി ഭാഷയില് അമൃതാനുഭവം എഴുതിയിട്ടുള്ളത് ഏകദേശം ഈ പ്രത്യഭാ ദർശനമാണ് അവിടെ ഈ പതുക്കെ പതുക്കുള്ള ശ്രവണം മനനം നിതിയാസനമൊന്നുമില്ല ഗുരു ഉപദേശിച്ചാൽ കഴിഞ്ഞു അതാണ് ജ്ഞാനേശ്വരന്റെ ഉറപ്പായ അഭിപ്രായം വെറുതെ ചിന്തിച്ച് ധ്യാനം ചെയ്ത് ജപിച്ച് കുറേ പോയിക്കൊണ്ടിരിക്കും യഥാർത്ഥത്തിൽ പക്വമായ ജീവന് ഗുരു ഉപദേശിക്കുന്ന ക്ഷണത്തിൽ കാര്യം കഴിഞ്ഞു എന്നാണ് കഴുത്തിൽ കിടക്കുന്ന മാല പതുക്കെ പതുക്കെയാണോ കണ്ടുപിടിക്കുക ഞാൻ പതുക്കെ പതുക്കെ പതുക്കെ കണ്ടുപിടിക്കാം അങ്ങനെ കാണിച്ചു കൊടുത്തതും കണ്ടു കഴിഞ്ഞു അതിനാണ് പ്രത്യപിജ്ഞ അതേപോലെ ഇവിടെ സുഷുപ്തി എന്ന് എഴുന്നേറ്റ ഉടനെ പതുക്കെയാണോ ഞാൻ ഇന്ന ആളാണെന്ന് അറിയണത് എഴുന്നേറ്റോടനെ അറിഞ്ഞു ഇന്ന ആളാണ് ഈ ഞാൻ തന്നെയാണ് ഉറങ്ങിയതും ഉറങ്ങിയ ഞാൻ തന്നെ ഉണർന്നിരിക്കുന്നു ഉണർന്നിരിക്കുന്ന ഞാൻ തന്നെ ഉറങ്ങുകയോ സ്വപ്നം കാണുകയോ ഒക്കെ ചെയ്യുന്നു അപ്പോൾ സുഷുപ്തി അവസ്ഥയിൽ എന്തുണ്ടായിരുന്നു ഞാൻ എന്നുള്ള ഈ വ്യക്തിബോധം ഉണ്ടായിരുന്നില്ല ശരീരം ബുദ്ധിയും മനസ്സ് ഒന്നും പ്രവർത്തിച്ചില്ല എന്തോ ആവരണം മറയ്ക്കപ്പെട്ടിരുന്നു ആവരണം വിക്ഷേപം രണ്ട് ശക്തികളാണ് നമ്മളുടെ അജ്ഞാനത്തിനുള്ളത് ആവരണം എന്ന് വെച്ചാൽ കയറിനെ കാണാത്തത് ആവരണം കയറിൽ പാമ്പിനെ കാണുന്നത് വിക്ഷേപം വെറുതെ കയറിനെ കണ്ടിട്ടില്ലെങ്കിൽ അത്ര കുഴപ്പമില്ല അല്ലെ ഇരിട്ടത്ത് പോണു കയറ് കണ്ടില്ല ചവിട്ടിക്കൊണ്ടുപോയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ കയറിനെ പാമ്പായിട്ട് കരുതിയാലാണോ കുഴപ്പം അത് കടിച്ചുവെന്നും പടമെടുത്തു നിന്നോ എന്തൊക്കെയോ തോന്നുന്നു ഒന്നിൽ ഇനിയൊന്നും മറ്റൊന്ന് കാണുന്നു ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ എന്ത് കുഴപ്പം കുഴപ്പമേയില്ല അതിനെ വേറെ എന്തൊക്കെയോ ആയിട്ട് കാണുമ്പോ അത്യധികം കുഴപ്പം കയറ് പാമ്പായിട്ട് തോന്നുമ്പോ കുഴപ്പം അത് വിക്ഷേപം അതേപോലെ സുഷുപ്തിയിൽ ഞാൻ ആരാണോ എന്താണോ ഒന്നും അറിഞ്ഞില്ല പക്ഷെ അറിവില്ലായ്മ അത്ര കുഴപ്പം ചെയ്തില്ല സ്വപ്നത്തിലും ജാഗ്രതത്തിലും നെഗറ്റീവായിട്ടുള്ള നോളേജ് വന്നു അതാണോ കുഴപ്പമുണ്ടായത് അറിവുണ്ടായി ബ്രഹ്മണ മഹർഷി സദർശ ഉള്ളതിനർപ്പതിൽ അജ്ഞാനത്തിന് ഡെഫിനിഷൻ കൊടുക്കുന്നത് അജ്ഞാനം എന്ന് വെച്ചാൽ അറിവില്ലായുമാന്ന് അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞ അറിയേണ്ടതിനെ അറിയാതെ മറ്റുള്ളതിനെ അറിയുന്നതാണ് അജ്ഞാനം എന്നാണ് അറിയായോ അത്ര കണ്ട് കുഴപ്പമുണ്ടാക്കില്ല പക്ഷേ അല്ലാത്തതിനെ അറിയുന്നതാണ് കുഴപ്പമുണ്ടാക്കുക എന്നാണ് കയറിനെ അറിയാത്തത് കൊണ്ട് കുഴപ്പമില്ല പാമ്പ് അറിയണതാണ് കുഴപ്പം വിദ്യാഭ്യാസം ഇല്ലാത്തവരങ്ങനെ ഇരുന്നു കൊണ്ട് പോകും പക്ഷെ നെഗറ്റീവായിട്ട് വിദ്യാഭ്യാസം ഉണ്ടായാലാണോ കുഴപ്പം അല്ലെങ്കിൽ പാവം ചെയ്തുകൊണ്ട് പാമിരിക്കും അവരപ്പോഴും അവരുടെ രാഗദ്വേഷമൊക്കെ ഉണ്ടാവുമെങ്കിലും വിദ്യാഭ്യാസം ഇല്ലാത്തവന്റെ രാഗദ്വേഷം എന്താവും കല്ലെടുത്ത് വിദ്യാഭ്യാസം ഉണ്ടായി കഴിഞ്ഞാലോ ബോംബിടും അതാണിപ്പോ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അവൻ പഠിച്ചിട്ടില്ലെങ്കിൽ കല്ലെടുത്തറിയും മാക്സിമം ഒരു കത്തി കൊണ്ടുപോകും അവന് വിദ്യ കൊടുക്കുമ്പോ എന്താവണോ അവൻ ബോംബ് വയ്ക്കും നോക്കണം ലിറ്ററസി വലിയ കാര്യമാണെന്ന് വിചാരിക്കും ലിറ്ററസിയുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നമ്മളിപ്പോ അനുഭവിക്കുന്നത് ഈ മുഴുവൻ കാരണം അതാണ് മുഴുവൻ ഇതിന് പുറകിലുള്ള കാരണം അതാണ് അല്ലെങ്കിലും ഇങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടാവില്ലേ ഉണ്ടാവും അവരെവിടെയെങ്കിലും ഒക്കെ അടിപിടി കൂടിക്കൊണ്ടിരിക്കും ഇപ്പൊ ചേരികളിലൊക്കെ പോയി നോക്കാൻ തല്ലും മടിയും കൂടിക്കൊണ്ടിരിക്കും അതോടെ കഴിഞ്ഞു അവരുടെ അവരെ പോയി പഠിപ്പിച്ചാൽ അവർ നാളെ നമ്മുടെ പട്ടണത്തിലൊക്കെ കയ്യിലോരോ ബോംബും വെച്ചുകൊണ്ട് നടക്കും അപ്പൊ വിദ്യ എന്നുള്ളത് കൊണ്ട് എന്താ അറിയേണ്ടത് അറിയണതാണ് വിദ്യ അത് നെഗറ്റീവ് നോളജ് ആവുമ്പോൾ ഇറ്റ് ക്രിയേറ്റ്സ് പ്രോബ്ലം അറിയായമ്മ അത്ര കുഴപ്പമില്ല അറിവ് വിപരീതമായാൽ കുഴപ്പമായിരിക്കും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോ ഉറക്കത്തിൽ ഒന്നും അറിഞ്ഞില്ല സുഷുപ്തിയിൽ ഒന്നും അറിഞ്ഞില്ല ആരും ഇതുവരെ സുഷുപ്തി അവസ്ഥ ദുഃഖകരമാണെന്ന് പറഞ്ഞിട്ടേ ഇല്ല എല്ലാവരും സുഖമായിരുന്നു എന്നാണ് ഒരേ യൂണിവേഴ്സൽ എക്സ്പീരിയൻസ് ഉറങ്ങുമ്പോ സുഖമായിരുന്നു കുഴപ്പം മുഴുവൻ ജാഗ്രതത്തിലാണ് സ്വപ്നത്തിലും എന്താ മനസ്സ് പൊന്തിയുദിച്ചു െങ്ങനെ പരിഹരിക്കും യഥാർത്ഥ ജ്ഞാനം വരണം സമ്യക് ജ്ഞാനം ആചാര്യസ്വാമികൾ ഉപയോഗിക്കുന്ന വാക്കതാണ് സമ്യക് റൈറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് സമ്യക് വരണം ഈ സമ്യക് എങ്ങനെ വരും വിചാരണം ചെയ്തു നോക്കാം വിചാരണം ചെയ്തു നോക്കാം അപ്പോഴേ സമ്യക് വരുകയുള്ളൂ വിചാരജ്ഞാനം കൊണ്ട് യഥാർത്ഥത്തിൽ ഉള്ളതെന്താണെന്നും ഉള്ളതുപോലെ തോന്നുന്നത് എന്താണെന്നും അറിയണം ഇല്ലാത്തത് എന്താണെന്നല്ല ഇല്ലാത്തതും നമ്മളെത്ര ദുഃഖിപ്പിക്കില്ല മൊയലിന്റെ കൊമ്പ് ആരെയും ഇതുവരെ കുത്തിയിട്ടില്ല കുതിരയുടെ കൊമ്പ് ഇതുവരെ ആരെയും കുത്തിയിട്ടില്ല പക്ഷെ ഇല്ലാത്തത് വിഷമിപ്പിക്കും ഉള്ള പോലെ തോന്നുന്നത് വിഷമിപ്പിക്കും ഇല്ലാത്തതല്ല ഉള്ളത് എന്ന് നമ്മള് കോൺസെപ്റ്റിൽ വെച്ചിട്ട് വാസ്തവത്തിൽ ഇല്ലാത്തത് അതുകൊണ്ടാണ് ഈ പ്രേതം ഭൂതം അത് ഉണ്ടോന്ന് ചോദിച്ചാൽ ഇണ്ട് ഇല്ലെന്ന് ചോദിച്ചാ ഇല്ല അതൊക്കെ അത്യധികം കുഴപ്പമുണ്ടാക്കുക അതേപോലെയാണ് നമ്മളുടെ മനസ്സും മനസ്സ് എവിടെ ഉണ്ട് അന്വേഷിച്ചു നോക്കൂ മാനസം തുക്കി മാർഗനെ നൈവമാനസം മാർഗ ആർജവാത്ത് എവിടെ ഉണ്ട് എന്ന് അന്വേഷിച്ചു നോക്കുമ്പോ മനസ്സിനെ കാണാനില്ല എന്നാലോ ആ മനസ്സെല്ലാം കുഴപ്പം ഉണ്ടാക്കുകയും ചെയ്യണം മനസ്സുണ്ട് എന്ന് കൽപ്പിച്ചുകൊണ്ട് മനസ്സിലെ അനേക കുഴപ്പങ്ങളെ സെഗ്രിഗേറ്റ് ചെയ്തുകൊണ്ട് വിചാരം ചെയ്യാൻ തുടങ്ങി അത് കൂടുതൽ കുഴപ്പം അതാണ് ഈ സൈക്കാട്രി ചെയ്യുന്ന വലിയൊരു പ്രശ്നം കൂടുതൽ കൂടുതൽ കൂടുതൽ മേക്കിംഗ് ഇറ്റ് കോംപ്ലെക്സ് മനസ് ഒരു അജ്ഞാനം മാത്രമാണ് ഒരു ഭ്രമം മാത്രമാണ് ഭ്രമം കൊണ്ടാണ് മനസ്സുണ്ടായിട്ടുള്ളത് സ്വരൂപഗ്രഹണത്തിൽ മനസ്സില്ല അതുകൊണ്ടാ രമണ മഹർഷിയുടെ ടീച്ചിങ്ങിൽ നോക്കിയാൽ മനസ്സിനെ നിയന്ത്രണം ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹം അധികം പറയുകയില്ല ഒരിടത്ത് ഡയറക്റ്റായിട്ട് ചോദിക്കേണ്ടത് ഭഗവാൻ ഹൌ ടു കൺട്രോൾ മൈൻഡ് ഭഗവാൻ പറഞ്ഞു ഇഫ് യു റിയലൈസ് യുവർ സെൽഫ് ദർ ഇസ് നോ മൈൻഡ് ഫോർ യു ടു കൺട്രോൾ തന്നെ തന്നെ അറിഞ്ഞാൽ ഈ മനസ്സേ ഉണ്ടാവില്ല അപ്പൊ പല ആദ്യമൊക്കെ വായിക്കുമ്പോൾ തോന്നും ഇത് ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണല്ലോ പറയുന്നത് നമുക്ക് വേണ്ടത് ഈ മനസ്സിനെ അല്പം കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ ടെക്നിക്ക് വല്ലതുപോലെ പറഞ്ഞു തരേണ്ടത് അതിനു നിങ്ങൾ ആത്മാവിനെ സാക്ഷാത്കരിച്ചാൽ മനസ്സില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും പിന്നെ പിന്നെ പിന്നെയാണ് നമുക്ക് അതിന്റെ പ്രാക്ടിക്കാലിറ്റി മനസ്സിലാവുക മനസ്സുണ്ട് എന്ന് കൽപ്പിച്ചുകൊണ്ട് നിയന്ത്രിക്കാൻ പോകുമ്പോ തന്നെ മനസ്സുണ്ടായിട്ട് നമ്മളോട് ചണ്ട കൊടുക്കും അത് ബാലിയെ പോലെയാണ് രാമായണത്തിൽ ബാലി ബാലിയുടെ നേരെ നിന്ന് ആര് യുദ്ധം ചെയ്താലും ഇവരുടെ ബലമൊക്കെ ബാലിക്ക് പോകും എന്നിട്ട് ബാലി ഇവരെ തോൽപ്പിക്കും എങ്ങനെ ജയിപ്പിക്കും അതുകൊണ്ടാണ് രാമന് ഒളിഞ്ഞു നിന്ന് അമ്പയ്യേണ്ടി വന്നത് ഒളിയമ്പയ്യേണ്ടി വന്നത് ഈ മനസ്സിനെ മനസ്സാണ് ബാലി അതൊണ്ട് എന്ന് കൽപ്പിച്ചാൽ തന്നെ കുഴപ്പമാണ് ഇവിടെ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ ഒരേ ഒരു സത്യം പൂർണ്ണത പ്രജ്ഞ ബോധം അവബോധം മാത്രമേ ഉള്ളൂ ഇവിടെ മനസ്സ് ബുദ്ധി അഹങ്കാരം ഒന്നുമില്ല ഉണ്ടെങ്കിൽ ഡീപ്പ് സ്ലീപ് സ്റ്റേറ്റ് സുഷുപ്തി അവസ്ഥയിൽ ഉണ്ടാവേണ്ടതായിരുന്നു അവിടെ ഇല്ലല്ലോ അതൊക്കെ മാത്രമല്ല മാറിക്കൊണ്ടേയിരിക്കുന്നു പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു ഒരു ഭക്തൻ രമണ മഹർഷിയോട് ചെന്ന് പറഞ്ഞു ഭഗവാനെ എനിക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാനേ പറ്റണില്ല ഞാൻ എങ്ങനെ നിയന്ത്രിക്കണം എനിക്ക് കോപം വരണം മഹർഷി ചോദിച്ചു അപ്പോ ചോദിച്ചു എപ്പോ കോപം വന്നു ഇന്നലെ രാവിലെ ഒമ്പത് മണിക്ക് എനിക്ക് കോപം വന്നു സമയമൊക്കെ ചോദിച്ചു പോകാം ഇന്നലെ രാവിലെ ഒമ്പത് മണിക്ക് ഇപ്പൊ എത്രയായി സമയം ഇന്ന് ഇപ്പൊ രാവിലെ ഇപ്പൊ പത്തുമണി ആയിക്കഴിഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ആ കോപം എത്ര നേരം നിന്നു ഇന്നലെ രാവിലെ ഒമ്പത് മണിക്ക് വന്നത് ഒമ്പത് മണിക്ക് വന്ന ഒരു ഒമ്പതേ വരെ അതും ഇന്റൻസ് ആയിട്ട് ഒരു രണ്ടു മിനിറ്റ് ഉണ്ടാവും പിന്നെ കുറഞ്ഞു പോയിട്ടുണ്ടാവും ഒരു രണ്ടു മൂന്ന് മിനിറ്റ് നിന്നിട്ട് പോയ ഒരു ഫിനോമിനൺ വിറ്റ് ഈസ് നോട്ട് റിയൽ വന്നു പോയി അതിന് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് യു ആർ കീപ്പിംഗ് ഇറ്റ് ഇൻ യുവർ മെമ്മറി കീപ്പിംഗ് ഇറ്റ് അലൈവ് ഇതാണ് മായ ഇങ്ങനെ വെച്ചുകൊണ്ട് ഞാൻ കോപിച്ചു ഞാൻ കോപിച്ചു പ്രകൃതിയിൽ പലതും നടക്കുന്നു അത് അതോടെ കഴിഞ്ഞു അത് എന്തോന്ന് ആവിർഭവിച്ചു അതാണ് ലളിതാ സഹസ്രനാമത്തിൽ ഓരോ ഇമോഷൻസും അംബികയുടെ ആവിർഭാവമായിട്ട് പറയണത് ക്രോധരൂപെണ്യ ഇനമാ അതൊരു അംബികയുടെ സ്വരൂപമാണ് എന്തോ ഒരു പർപ്പസിന് അത് വന്നു പോയി കഴിഞ്ഞു അത് ആ ശക്തിയുടെ സ്വരൂപമാണെന്ന് അറിഞ്ഞാലോ അത് നമ്മളെ ബാധിക്കൂല്ല നമ്മളതിന്ന് ആ ഇൻസ്റ്റന്റിൽ ആ അതിൽ നിന്ന് ആ ക്ഷണത്തിൽ അതിൽ നിന്ന് നമ്മൾ വിട്ടുകഴിഞ്ഞു ആ ക്ഷണം നമ്മളതിന്ന് പിരിഞ്ഞു കഴിഞ്ഞു അല്ലാതെ ഒരാൾ പ്രകൃതിയായിരിക്കുന്ന സ്വഭാവത്തുനിന്ന് പുറത്തു ചാടാനേ പറ്റില്ല ജീവിതം മുഴുവൻ അല്ലെങ്കിൽ നമ്മൾ ഇതിനോട് ശണ്ട കൂടിക്കൊണ്ടിരിക്കും നമ്മളുടെ സ്വഭാവത്തിനെ മാറ്റിയെടുക്കാൻ അത് പൂച്ച വെജിറ്റേറിയൻ ആവാൻ ശ്രമിച്ച കഥ പോലെയാവും എലിയെ ശാപടാൻ പാടില്ല എന്ന് പറഞ്ഞ് പൂച്ചയ്ക്ക് ആരോ ഉപദേശിച്ചു കൊടുത്തു പൂച്ച നിയന്ത്രിക്കാൻ ശ്രമിച്ച പോലെയാവും പ്രകൃതി ചെയ്യുന്നതൊക്കെ പുരുഷൻ തന്നിൽ ആരോപിക്കുന്നതാണ് ദുഃഖത്തിന് മൂലകാരണം ജാഗ്രത്ത് സ്വപ്നം സുഷുപ്തി എന്നുള്ള മൂന്ന് അവസ്ഥകളും കയറിൽ പാമ്പെന്ന പോലെ ശുദ്ധബോധത്തില് പ്രജ്ഞയിൽ കൽപ്പിതം മാത്രമാണ് മരുഭൂമിയിൽ വെള്ളമെന്ന പോലെ ആകാശത്തിൽ നീലിമ എന്ന പോലെ ഈ ശുദ്ധപ്രജ്ഞയിൽ ബോധത്തില് കൽപ്പിതം മാത്രമാണ് ഇവിടെ ബോധം മാത്രമേ വാസ്തവമായ വസ്തുസ്ഥിതി ഉള്ളൂ ബോധത്തിൽ മനസ്സും ബോധത്തിൽ അഹങ്കാരവും ബോധത്തിൽ ശരീരവും ബോധത്തിൽ ഞാൻ പുരുഷനാണ് സ്ത്രീയാണെന്നുള്ള വ്യക്തിബോധ തീരുമാനങ്ങളും ഒക്കെ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അതിൽ ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എന്നുള്ള അവസ്ഥാവിശേഷങ്ങൾ മാറി മാറി വരുന്നു ഇതൊക്കെ മാറി വരുമ്പോഴും ചലനവുമില്ലാതെ മാറ്റവുമില്ലാതെ പ്രജ്ഞ ബോധം അനുസ്യൂതം തുടരുന്നു അതാണ് ഭഗവാൻ ആചാര്യപാദർ അടുത്ത ശ്ലോകത്തിൽ പറയണത് നോക്കാം ബാല്യാദിഷാഗ്രതാതിഷുതാ സർവാസു അവസ്ഥസ്വ്യാവൃത്താസു അനുവർത്തമാനം അഹം ഇന്തസ്ഫുരന്തം സദാ സ്വാത്മാനം പ്രകടീകരോതി ഭജതം യോ ഭദ്രയാ മുദ്രയാദ്രയാ ഭദ്രയാ കൊടുത്തിട്ടുണ്ട് എങ്ങനെയായാലും വേണ്ടില്ല മുദ്രയാ ഭദ്രയാ തസ്മൈ ശ്രീഗുരുമൂർത്തമിതം ശ്രീദക്ഷിമൂർത്തവു ജാഗ്രതാതിഷു താ സർവാസു അവസ്ഥു അപ്പ വ്യവൃത്തസു അഹം അഹം അന്തസ്ഫുരന്ത സദാ സ്വാത്മാന പ്രകടീകോതി ഭജ്രയാദ്രയാ തസ്മൈ ശ്രീഗുരുമൂർത്തേ നമൈദക്ഷിണമൂർത്തു ജാഗ്രതാതിഷു സർവാസു അവസ്സു ദശാമൂർത്തിസ്ത്ര പരമായിട്ട് ഏറ്റവും പ്രധാനമായ ശ്ലോകമാണിത് എസൈവസ്ഫുരണം സദാത്മകം അതേപോലെ തന്നെ ഈ ശ്ലോകവും വളരെ പ്രധാനമായിട്ടുള്ള ഒരു ശ്ലോകമാണ് ബാല്യാദിഷു അഭിജാഗ്രതാദിഷു തഥാ സർവാസു അവസ്ഥ ബാല്യം മുതലായവകളിൽ ബാല്യം എക്സെട്ര എന്താണ് എക്സെട്രാല്യാദിഷു എന്താണ് ം കൗമാരം യൗവനം വാർധക്യം ജാഗ്രതാദിഷു എന്ന് വെച്ചാൽ ജാഗ്രത് സ്വപ്നം സുഷുപ്തി സർവാസു അവസ്ഥാസു അപ്പി അനേക വികാരങ്ങൾ ഉണ്ടാവുന്നതിലൊക്കെ കണക്കെടുത്താൽ അതൊക്കെ വ്യാവൃത്താസു വ്യാവൃത്താസു എന്ന് വെച്ചാൽ മാറി മാറി വരുന്നത് ചേഞ്ചിങ് ചേഞ്ചായിക്കൊണ്ടേയിരിക്കും അനുവർത്തമാനം ഒരു മാറ്റവും കൂടാതെ അതിനു പുറകിൽ അടിത്തട്ടായിട്ട് അനുസ്യൂതം തുടരുന്ന അവബോധം അതെങ്ങനെ തുടരുന്നു അഹം ഇതി അന്തസ്ഫുരന്തം ഞാൻ അഹം അഹം അഹം ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്ന് പുറകെ അതിനു പുറകെ അങ്ങനെ സ്ഫുരിക്കുന്ന പ്രജ്ഞ സ്വാത്മാനം പ്രകടീകരവതി തന്നെ തന്നെ പ്രകടിപ്പിക്കുന്നു എന്നാണ് ദക്ഷിണാമൂർത്തി തന്നെ പ്രകടിപ്പിക്കും ദക്ഷിണാമൂർത്തിയുടെ സ്വരൂപമെന്താ ചിന്മുദ്രയാണ് ചിന്മുദ്ര സാധാരണ കൈരണ്ടും കൂട്ടിവെച്ചിട്ടാണ് ഇവിടെ ആചാര്യസ്വാമികൾ പറയുന്നു ചിന്മുദ്ര കൈകൂട്ടി വെക്കലല്ല ചിദേവ മുദ്ര ചെന്മുദ്ര ചിത് സ്വരൂപമായ മുദ്രയാണ് ചിന്മുദ്ര നമ്മളുടെ ഹൃദയത്തിൽ അഹം അഹം അഹം അഹം എന്നുള്ള ആ സ്ഫൂർത്തിയാണ് ചെന്മുദ്ര അതാണ് ദക്ഷിണാമൂർത്തിയുടെ നടനം ചിദംബര നർത്തനം എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്നുള്ള ആ നർത്തനം യോ ഭദ്രയാമുദ്രയാ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമയിദം ശ്രീ ദക്ഷിണാമൂർത്തയെ ബാല്യം ചെറിയ കുട്ടിയായിട്ടുള്ള അവസ്ഥ കൌമാരം അല്പം വലുതായിട്ടുള്ള അവസ്ഥ യൗവനം പതിനാറ് വയസ്സ് പതിനഞ്ച് വയസ്സ് പതിനാറ് വയസ്സിന് ശേഷം വാർദ്ധക്യം പിന്നെ അതിനുശേഷമുള്ളതുമൊക്കെ ഇതൊക്കെ ശരീരത്തിന് മാറി മാറി മാറി മാറി വരുന്ന അവസ്ഥകൾ ഇന്നത്തെ കുട്ടി നാളത്തെ കഴിവൻ മാറി മാറി വരും ഒന്നും നിൽക്കില്ലല്ലോ പക്ഷേ ആശ്ചര്യമായിട്ട് നോക്കിക്കൊണ്ടേയിരിക്കാം നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കാം ഇപ്പൊ ജനിച്ച കുട്ടി കുറച്ചു ദിവസം കഴിഞ്ഞാൽ പത്ത് പതിനഞ്ച് വയസ്സായിട്ട് പാന്റും ഷർട്ടും ഒക്കെ ഇട്ട് അതേ ആള് കുറെ കഴിയുമ്പോൾ തലയൊക്കെ നരച്ച് പല്ലൊക്കെ പോയി ഇറക്കാൻ വയ്യാതെ നടക്കണം ഈ അവസ്ഥകളൊക്കെ ശരീരത്തിന് മാറി മാറി മാറി വരുന്നു എൺപത് തൊണ്ണൂറ് വയസ്സായിട്ട് ഞാൻ തന്നെ ഒരു വയസ്സിൽ എന്റെ ഒരു ഫോട്ടോ എടുത്ത് നോക്കുകയാണ് എങ്ങനെയുണ്ടാവും ഒരു വയസ്സിലെടുത്ത ഫോട്ടോ എനിക്ക് തൊണ്ണൂറ് വയസ്സായി ഒരു വയസ്സിൽ എന്റെ വീട്ടിൽ എടുത്തു ഫോട്ടോ എടുത്ത് കുട്ടിയായിട്ടുള്ള ഫോട്ടോ എടുത്ത് നോക്കുകയാണ് ഇപ്പൊ ശരീരത്തിലുള്ള ഒരു സെൽ പോലും ആ ശരീരത്തിലുള്ളതില്ല ഓരോ കോശവും മാറിപ്പോയിരിക്കുന്നു ആ ഒരു വയസ്സിലുണ്ടായിരുന്ന കുഞ്ഞിലെ എന്തൊക്കെ കോശങ്ങളുണ്ടായിരുന്നു ആ കോശങ്ങളൊക്കെ പോയിട്ട് പുതിയ കോശങ്ങൾ വന്നിരിക്കുന്നു ഇപ്പോ ഉള്ള കോശങ്ങളൊക്കെ ജീർണിച്ചിരിക്കുന്നു ആ ഒരു വയസ്സിലുള്ള കുട്ടിയിലുണ്ടായിരുന്ന മനസ്സും ഇപ്പൊ ഇല്ല ഒരു വയസ്സിലുള്ള കുട്ടിയിലുണ്ടായിരുന്ന ബുദ്ധിയും ഇപ്പില്ല ആ സമയത്തുണ്ടായിരുന്ന ഇന്നസൻസും ഇപ്പല്ല നിഷ്കളങ്കതയും ഇപ്പല്ല അപ്പൊ ഉണ്ടായിരുന്ന ഫ്രഷ്നസ് ഇപ്പല്ല എന്നിട്ട് ഈ ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞു നോക്കൂ നോക്കൂ ഇത് ഞാനാണ് എല്ലാവരുടെ പറഞ്ഞു കാണിക്കുകയാണ് ഒരു വയസ്സ് ഫോട്ടോ അപ്പൊ എന്താണ് അതൊന്നുമില്ലല്ലോ ശരീരം ഇല്ലല്ലോ ശരീരം മാറി മനസ്സില്ലല്ലോ മനസ്സ് മാറി ബുദ്ധി ഇല്ലല്ലോ ബുദ്ധി മാറി പലതും പോയിരിക്കണു കണ്ണിപ്പ പോയി കാത് പോയി പലതും ഇപ്പൊ മിസ്സിംഗാണ് കണ്ണ് മിസ്സിങ് കാത് മിസ്സിംഗ് കഴിഞ്ഞ ആളെയും മിസ്സിങ് ആവും ഓരോന്നായും പോയിരിക്കും പക്ഷേ ആ ഒരു വയസ്സ് ഫോട്ടോവിൽ ഏതൊരു ഞാനുണ്ടോ ആ ഞാൻ തന്നെയാണ് ഇപ്പൊ ഇതായി തൊണ്ണൂറ് വയസ്സിൽ ഉള്ളത് ഒരു മാറ്റമില്ല അല്ലേ എല്ല വണ്ണം വിചാരം ചെയ്ത് നോക്കണം ഈ സത്യത്തിനെ ഒരു വയസ്സിൽ കാണിച്ച ഈ ചെറിയ ബാല്യകാല ഫോട്ടോയില് ഏതൊരു ഞാൻ ഉണ്ടായിരുന്നു ആ ഞാൻ തന്നെയാണിതാ ഇപ്പോ തൊണ്ണൂറ് വയസ്സ് ശരീരത്തിലും ഞാൻ ഞാൻ ഞാൻ എന്നൊരു അനുഭവമുണ്ടല്ലോ ആ അനുഭവം ആ ലൈഫ് പ്രിൻസിപ്പിൾ റിമെയിൻസ് ചേഞ്ച് ലെസ് ദ ബോഡി ഹാസ് ചേഞ്ച് ദ മൈൻഡ് ഹാസ് അണ്ടർഗോൺ ചേഞ്ച് ഇന്റലക്ട് ഹാസ് ചേഞ്ച് പ്ലെയിൻ ഓഫ് സ്ലീപ്പ് ഹാസ് ചേഞ്ച്ഡ് കുട്ടിക്കാലത്തുള്ള ഉറക്കം പോലെ ഉറങ്ങാൻ പറ്റുമോ വാർദ്ധക്യത്തിൽ എല്ലാം മാറി പക്ഷെ ഒരു വയസ്സിൽ ഏതൊരു ഞാൻ ഉണ്ടായിരുന്നോ ആ ഞാൻ ഒരു മാറ്റവും കൂടാതെ അതേപടി അതിന്റെ ടേസ്റ്റ് മാത്രം മാറിയിട്ടില്ല അഹമസ്മി എന്നുള്ളതിന്റെ എക്സ്പീരിയൻസ് മാത്രം ഒരേ പോലെ അതേപോലെ ജാഗ്രത് സ്വപ്നം സുഷുപ്തി ജാഗ്രതാദിഷു ജാഗ്രതത്തിൽ ശരീരമുണ്ട് മനസ്സുണ്ട് എല്ലാം ഉണ്ട് ഞാനുണ്ട് സ്വപ്നത്തിൽ ശരീരമില്ല മനസ്സ് മാത്രം പ്രവർത്തിക്കുന്നു ഞാനുണ്ട് സുഖമായി ഉറങ്ങുന്ന സുഷുപ്തിയിൽ ശരീരവുമില്ല മനസ്സും പ്രവർത്തിക്കണില്ല ഞാനുണ്ട് ഈ വ്യക്തി രൂപത്തിലുള്ള ഞാനില്ല അഹങ്കാരൂപത്തിലുള്ള ഞാനില്ല പക്ഷേ ജീവരൂപത്തിലുള്ള ജ്ഞാനുണ്ട് യഥാർത്ഥ ജ്ഞാൻ ഉണ്ട് അവിടെയും സുഷുപ്തിയിലും അപ്പൊ ഞാൻ ശരീരം ഉള്ളപ്പോഴും മനസ്സുള്ളപ്പോഴും ഞാനുണ്ട് ശരീരവും മനസ്സും വ്യക്തിബോധവും ഇല്ലാത്തപ്പോഴും ഞാനുണ്ട് അപ്പൊ ഞാൻ ശരീരമോ മനസ്സോ ഒന്നുമല്ല സുഷുപ്തി അവസ്ഥയിലും ഏതൊരു ഞാൻ ഉണ്ടായിരുന്നു ആ ഞാൻ ജാഗ്രത അവസ്ഥയിൽ അനുഭവപ്പെടണം അതാണ് ആത്മസാക്ഷാത്കാരം സുഷുപ്തി അവസ്ഥയിൽ ഏതൊരു ഞാൻ ശരീരം മനസ്സ് മുതലായിട്ടുള്ളതിന്റെയൊക്കെ അഭാവത്തിലും സുഖസ്വരൂപമായി ഉണ്ടായിരുന്നു ആ സുഖസ്വരൂപമായിട്ടുള്ള അഹംപ്രജ്ഞ ജാഗ്രത അവസ്ഥയിൽ അഹങ്കാരം മനസ്സ് ബുദ്ധിയൊക്കെ ഉള്ളപ്പോഴും അതിന് പുറകിൽ പ്രകാശിക്കുകയാണെങ്കിൽ അത് ആത്മസാക്ഷാത്കാരം മായിട്ടുള്ള ആ അധിഷ്ഠാനം ആ അധിഷ്ഠാനത്തിനെയാണ് ഇവിടെ ദക്ഷിണാമൂർത്തി എന്ന് പറയുന്നത് ഭഗവാന് വാമദേവൻ ദക്ഷിണാമൂർത്തി എന്നീ രണ്ടു പേരുണ്ട് വാമം ദക്ഷിണം എന്ന രണ്ടു മാർഗങ്ങളുള്ള പോലെ തന്നെ അത് ആധ്യാത്മികമായി പറയുകയാണെങ്കിൽ ബഹിർദൃഷ്ടിയാണ് വാമദേവ സ്വരൂപം അന്തർദൃഷ്ടിയാണ് ദശാമൂർത്തി സ്വരൂപം ഈ ശ്ലോകം തന്നെ നാളെ ഒന്നുകൂടെ വീണ്ടും നോക്കിക്കൊണ്ട് തുടക്കം